ശ്രീമേ സീസ് ഐശ്വര്യ സുഹം സങ്കരം സങ്കരം സഹചാരം സൂത്രഭാഷ്യന്ത ഗുര മേ ദ ബ്രഹ്മസംസ്ഥോ അമൃതത്വമേദി എന്ന് പറയുന്നതിന് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷത്തിൽ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മസംസ്ഥൻ മോക്ഷത്തെ പ്രാപിക്കുന്നു ഇവിടെ ത്രയോധർമ്മ സ്കന്ധ മൂന്നുപേരെ കുറിച്ച് പറയുന്നു ബ്രഹ്മചാരി ഗൃഹസ്ഥൻ സന്യാസി അതാരാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നത് അത് സിദ്ധാന്തം കൂടെ പറഞ്ഞു കഴിഞ്ഞു അതിൽ സന്യാസിയാണ് പരിപ്രാട്ട് സന്യാസിയാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നത് അതിന് സിദ്ധാന്തം അതിന്റെ പൂർവർഷമാണ് അവതരിപ്പിക്കുന്നു ഇവിടെ പറയുന്നു ചതുർണാമാശ്രമം നാം ഇത് പൂർവപോക്ഷമാണ് എല്ലാശ്രമികൾക്കും ബ്രഹ്മചര്യം ഗർഹസ്യം ബാനപ്രസ്ഥം സന്യാസം എല്ലാ ആശ്രമികൾക്കും അവിശേഷ തുല്യമായി സ്വകർമാനുഷ്ഠാന അവരവരുടെ കർമാനുഷ്ഠാനം കൊണ്ട് പുണ്യലോകത പുണ്യലോകത്തെ പ്രാപിക്കാൻ കഴിയും പരിപ്രാചകൻ ഉൾപ്പെടെ ജ്ഞാനവർജിതാനാം സർവേ പുണ്യലോകഭവന്തി ജ്ഞാനവർജിതന്മാരായിട്ടുള്ള ജ്ഞാനമില്ലെങ്കിൽ എല്ലാവർക്കും പുണ്യലോകമാണ് ഫലം പരിപ്രാഡ് വിശേഷ അവശേഷ പരിപ്രാഠിനെ ഒഴിവാക്കിയിട്ടില്ല സിദ്ധാന്തത്തിനെന്താണ് പരിപ്രാജകന് പുണ്യലോകമല്ല അമൃതത്വം ബ്രൂഷൂറിൽ നിന്ന് എന്താണ് പരിപ്രാജകനും പുണ്യലോകം തന്നെ ഇന്നാത്ര പരിഭ്രാട് അവശേഷ പരിഭ്രാടിനും ഒഴിവാക്കിയില്ല പരിപ്രാചകാവി ജ്ഞാനം യമ നിയമേ കാരണം പരിഭ്രാചകനുമുണ്ട് ആശ്രമധർമ്മം എന്തൊക്കെയാണ് ജ്ഞാനം യമ നിയമം തപസ് ഇതെല്ലാം തപസ്സാണ് ആ തപസ്സിന്റെ ഫലമായി പുണ്യലോകം അത് പരിപ്രാചകനും ആകാം തപയേവ ദ്ദീറ്റ് എത്ര തപശ്ദേന താപസോ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാമത്തെ ധർമ്മസ്ഥ അതിൽ തപസ്സെന്നുള്ളത് കൊണ്ട് പരിഭ്രാചകനും രണ്ടുപേരും തപസൻ ആരാണെന്ന് പറഞ്ഞു കരശ്ര ചാന്ദ്രായനാദി തപസ് അനുഷ്ഠിക്കുന്ന താപസ് ആ തപസനും പരിഭ്രാജകനും രണ്ടുപേരെയും ഗ്രഹിക്കണം അത് തേഴാമേ ചതുർണാം യോ ബ്രഹ്മസംസ്ഥ പ്രണവസേവകൃതത്വം വേദി അതിൽ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ തപസ്സി പരിപ്രാജകൻ ഈ നാലു കൂട്ടർ ഈ നാലു കൂട്ടരൽ യോ ബ്രഹ്മസംസ്ഥാൽ പ്രണവസേവക പ്രണവോപാസകനും സ്വാമൃതത്വം വേദി അവരവരുടെ ആശ്രമധർമ്മത്തെ അനുഷ്ഠിച്ചാൽ പുണ്യലോകം ആരാണോ പ്രണവ ഉപാസന ചെയ്യുന്നത് അവർക്ക് അമൃതത്വം അത് ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും തപസ്സിക്കും പരിപ്രാജകനും അതുപോലെയാണ് ചതുർണാം അധികൃതത്വ അവിശേഷ ബ്രഹ്മസംസ്ഥ ൂട്ടരും അധികാരികളാണ് ഇവിടെ പറഞ്ഞു ത്രെയോ ധർമ്മസ്ഥന്ത എന്ന് പറഞ്ഞു നാലുകൂട്ടരും അധികാരികളാണ് ബ്രഹ്മസംസ്ഥെ അപ്രതിഷേധ അത് മാത്രമല്ല ബ്രഹ്മസംസ്ഥെ അമൃതത്വം ബ്രഹ്മസംസ്ഥോ അമൃതത്വമേദി എന്ന് പറഞ്ഞെടുത്ത് അമൃതത്വം പ്രത്യേകിച്ച് ആർക്കും നിഷേധിച്ചിട്ടില്ല ബ്രഹ്മചാരിക്കില്ല ഗ്രഹസ്ഥനില്ല തപസ്സിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അമൃതത്വത്തെ പ്രാപിക്കാം പൂർവക്ഷിയെ പറയുകയാണ് ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ തപസ്സി പരിപ്രാട്ട് സിദ്ധാന്തത്തിൽ എന്താണ് അമൃതത്വം പരിപ്രാജികൾ മാത്രം മറ്റുള്ളവർക്ക് പുണ്യ ലോകം നമ്മൾ വ്യത്യാസം സ്വകർമ്മിദ്രേജ്രഹ്മസംസ്ഥതായ സാമ്പത്തിക ഉപപത്തേഹി പറയുന്നു മറ്റുള്ളവർക്കും സ്വകർമ്മച്ചിദ്രും അവരവരുടെ കർമ്മങ്ങളുണ്ടല്ലോ ആ കർമ്മങ്ങൾക്ക് ഒരു ഇടവേള വരും ആ ഇടവേളയിൽ അവർക്ക് ബ്രഹ്മനിഷ്ഠന്മാരാകാം അതിനുള്ള സാമർഥ്യം ഉണ്ടാകുന്നത് ആരായിരുന്നു ബ്രഹ്മനിഷ്ഠൻ പരിപ്രാചകന് മാത്രമേ ബ്രഹ്മ നിഷ്ഠപാടുള്ളൂ എന്നില്ല തത്വജ്ഞാനത്തെ പ്രാപിക്കുക ശ്രവണ മനനങ്ങളെല്ലാം അനുഷ്ഠിക്കുക അത് ആർക്കുമാകാം കാരണം അവരുടെ ആശ്രമധർമ്മത്തിനും ഇടയ്ക്ക് സാധാരണ ഗൃഹസ്ഥനും പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളും പറയാറുണ്ട് ആ പ്രവൃത്തിയുടെ ഇടയ്ക്ക് കുറച്ച് സമയം ആണ് കർമ്മഛദ്രം അവിടെ കുറച്ച് വേദാന്ത ശ്രവണവും മനനുമൊക്കെ ആകാം ബാക്കിയുള്ള സമയത്ത് കർമ്മമാകാം ആ ഇടയ്ക്ക് വരുന്ന ആ സമയം ധർമ്മസംസ്ഥൻ ആ അപ്പം അതുകൊണ്ട് നമ്മുടെ തത്വത്തെ പ്രാപിക്കാം നല്ല സാമർഥ്യം എല്ലാവരിലുമുണ്ട് അവസരം എല്ലാവർക്കും ഉണ്ട് പരിമ്പ്രാട്ടം എന്ന് പറയുന്നത് സർവകർമ്മങ്ങളും പരിത്യേകിച്ച് കേവലം ആത്മനിഷ്ഠനായിട്ടുള്ള ശ്രവണ മരണാധികളുടെ ഞാനത്തെ പ്രാപിച്ചു അവനാണ് പരിപ്രാജികൾ സിദ്ധാന്തത്തിൽ എന്താണ് അങ്ങനെയുള്ള പരിപ്രാജികൾ മാത്രമേ അമൃതത്വമുള്ളൂ ഒരുപക്ഷി പറയുന്ന എന്താണോ അതിൻ്റെ ആവശ്യമില്ല സ്വകർമ്മ അവനവൻ്റെ പ്രവൃത്തിയിട്ട് ഇടയ്ക്കുള്ള സമയത്ത് ഈ പറയുന്ന ജ്ഞാനം എല്ലാം പ്രാപിക്കുക മോക്ഷം അമൃതത്വം സാധിക്കാം ഇന്ന് നമ്മളൊക്കെ പറയുന്നത് അത് നമ്മുടെ വാസനയ്ക്കും താൽപ്പര്യത്തിനുമനുസരിച്ച് കർമ്മം ചെയ്യുക ആ കർമ്മത്തിനിടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ വേദാന്തം അല്ലെങ്കിൽ അദ്വൈതം എന്തായാലും അതനുഷ്ഠിക്കുക അതുകൊണ്ട് നമ്മൾ തൃത്വത്തെ പ്രാപിക്കാവുന്ന ഭക്ഷ്യകാരൻ ഇതിനോട് യോജിക്കുന്നില്ല എന്നുവെച്ചാൽ യവ വരാഹാദി ശബ്ദവും ബ്രഹ്മ സംസ്ഥശബ്ദ പരിപ്രാചകരൂഢംസ്ഥൻ എന്ന് പറഞ്ഞ പരിപ്രാചകനാണ് സിദ്ധാന്തി പറയും എന്തുകൊണ്ട് സർവകർമ്മങ്ങളും വിട്ട് കേവലം ആത്മജ്ഞാനനിഷ്ഠയിൽ മാത്രം കഴിയുന്ന ആളാണ് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഭിക്ഷാടനാദികൾ മാത്രം അനുഷ്ഠിച്ചു പോകുന്നു അതുകൊണ്ട് ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുന്നത് രൂഢ ശബ്ദമാണ് എന്നുവെച്ചാൽ അതിൽ നിശ്ചിതമായ ശബ്ദമാണ് അതിൻ്റെ വിത്പത്തിയിലൂടെ കിട്ടുന്ന അർത്ഥമുണ്ട് പരിപ്രാജതൻ എന്നുള്ള അർത്ഥത്തിൽ രൂഢമാണ് ഒരു ഉദാഹരണം പറയുന്ന യവം വരാഹം തുടങ്ങിയ ശബ്ദങ്ങൾ യവശബ്ദരൂഢ ശബ്ദമാണ് അതിൻ്റെ അർത്ഥമുണ്ട് യവം എന്ന് പറയുന്നത് ധാന്യമാണ് അതാണ് അതിൻ്റെ അർത്ഥം അത് ഏതെങ്കിലും നിമിത്തത്തെ ആശ്രയിച്ചുണ്ടാവുന്നതല്ല നിമിത്തത്തെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ പാചകം എന്ന് പറയുന്നു പാകക്രിയ എന്ന് പറയുന്ന ഒരു നിമിത്തത്തെ ആശ്രയിച്ചാണ് പാചക ശബ്ദം അതൊരു രൂഢമാണ് എന്തുകൊണ്ട് അത് ആര് പാചകം ചെയ്താലും അവർ പാചകൻ എന്ന് പറയാം പാഠകൻ പഠി പാഠക പാഠകർ പഠിക്കുന്നവൻ പാഠകനാണ് പജതീതി പാചകം പാകം ചെയ്യുന്നവൻ പാചകനാണ് അതൊന്നും ഒരു രൂഢ ശബ്ദമുണ്ട് നിമിത്തങ്ങളുണ്ട് ഒരു പ്രവൃത്തിയെ നിമിത്തമാക്കിയാണ് യവശബ്ദം അങ്ങനെയല്ല അത് പ്രത്യേകിച്ച് നിമിത്തമൊന്നുമില്ല അനാദികാലമായി ഈ ശബ്ദത്തെ ആ വസ്തുക്കൾ പ്രയോഗിക്കുന്നു വരാഹം അതുപോലൊരു ശബ്ദം അനാദികാലമായി അത് ഒരു ജീവിന് പ്രയോഗിക്കുന്നു എന്തെങ്കിലും ഒരു പ്രത്യേക നിമിത്തത്തെ ആശ്രയിച്ചാൽ എന്നുപറഞ്ഞ ഈ ശബ്ദങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഈ ശബ്ദത്തിന് എങ്ങനെ അർത്ഥം കിട്ടിയെന്ന് ചോദിക്കാൻ പാടില്ലെന്ന് ചുരുക്കം ഇവ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ചോദിക്കരുത് ഈ ശബ്ദത്തിന് എങ്ങനെ അർത്ഥം കിട്ടി എന്നുവെച്ചാൽ ആ ശബ്ദങ്ങളിലൂടെ നമുക്ക് അഷ്ടത്തിൽ എത്തിച്ചേരാൻ പറ്റും ആ ശബ്ദത്തിന് നിർവചിച്ച് അതിൻ്റെ വിത്പത്തിയിലൂടെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഏത് ശബ്ദം കിട്ടിയാലും അതിന് വിത്പത്തി ഉണ്ടാകണമെന്ന നിയമമല്ല അനാദിയായി അനാദിരൂഢി എന്ന് പറയും അങ്ങനെ പ്രയോഗിച്ചു വരുന്നു അതാണ് യുവ മരാഹം തുടങ്ങിയ ശബ്ദങ്ങൾ അതുപോലെ ബ്രഹ്മസംസ്ഥൻ എന്നുള്ള പരിപ്രാജനം രൂഢമാണ് എന്ന് സിദ്ധാന്തി പറയണമെങ്കിലോ പറയുന്നു നാഗൂർവക്ഷറിയുന്നത് ശരിയല്ല അതിലൂടെ ശബ്ദമല്ലുണ്ട് ബ്രഹ്മണി സംസ്തുതി നിമിത്തം ഉപാധായ പ്രവൃത്തത്വ ബ്രഹ്മണി സംസ് നിമിത്തം ബ്രഹ്മത്തിലുള്ള സ്ഥിതി അതിനെ നിമിത്തമാക്കിയാണ് ആ ശബ്ദം നിഷ്പന്നമായത് പാചക ശബ്ദം പോലെ പാകക്രിയ അതിനെ നിമിത്തമാക്കി ഉണ്ടായി അതുകൊണ്ടത് ഒരു ശബ്ദം അല്ല അതുപോലെ ബ്രഹ്മണി സംസ്ഥിത ബ്രഹ്മസംസ്ഥിത എന്ന് പറയും അതിനൊരു വിത്പത്തിയുണ്ട് ആ വിത്പത്തി എന്ന് പറയുന്ന എന്താണ് ആ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന അതിനെ ആശ്രയിച്ചാണ് ആ ശബ്ദമുണ്ടായി എന്നാണ് ബോധിപ്പിക്കുന്നത് വിത്പത്തിയിലൂടെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇത് രൂഢ ശബ്ദമല്ല രൂഢശബ്ദമല്ല എന്ന് പറയുന്നത് കൊണ്ട് എന്തായി അത് പരിപ്രാജകനല്ല ബ്രഹ്മചാരിയിലോ ഗൃഹസ്ഥനിലോ താപസനിലോ എവിടെയും യോജിപ്പിക്കുക ഈ കൂട്ടറിൽ ആരാണോ ബ്രഹ്മണി സംസ്ഥിതം അവൻ ബ്രഹ്മസംസ്ഥൻ അവന് മോക്ഷമുണ്ടെന്ന് വരും ശബ്ദാഹ നിമിത്തം ഉപാതപക്ഷി പറയണം രൂഢി ശബ്ദങ്ങൾ ഒരിക്കലും നിമിത്തത്തെ ആശ്രയിക്കുന്നില്ല രൂഢി ശബ്ദങ്ങൾ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് ക്രിയ ഗുണം പോലെയുള്ള നിമിത്തങ്ങളെ ആശ്രയിക്കുന്നില്ല ഉദാഹരണം ഈ അവശബ്ദം അത് തന്നെ അത് നിശ്ചിതമാണ് അതുകൊണ്ട് അതിന് വേറെ നിമിത്തമൊന്നുമില്ല എന്തുകൊണ്ട് പറയുന്നു അതങ്ങനെ പറയുന്നു എന്നേ പറയാൻ കഴിയും സർവീശാം സർവീഷാം ബ്രഹ്മണിസ്ഥിതിരൂപദ്ധ്യത ഇവിടെ തന്നെ ഒരു നിമിത്തത്തെ ആശ്രയിക്കുന്നു ബ്രഹ്മണി സംസ്ഥിത ബ്രഹ്മസംസ്ഥിത അത് ക്രൂഢമല്ല വിൽപ്പന്ന ശബ്ദമാണ് അതുകൊണ്ടിത് ആരെ സംബന്ധിച്ചും പറയാം तावसन, यत्र यत्र निमित्तमस्ति तस्य तस्य നിരോധം നിമിത്തം അതിടെവിടേക്കാ നിമിത്തമുണ്ടോ ബ്രഹ്മചാരിയിലോ ഗൃഹസ്ഥോ താപസിലോ പരിപ്രാജകനിലോ ഇതാണ് ബ്രഹ്മണി സംസ്ഥിതി അതെവിടെ സംഭവിക്കുന്നു തസ്യതസ്യ നിമിത്തവത്തോ ആ നിമിത്തം ആരിലെല്ലാം കാണുന്നുണ്ടോ അവരുടെയെല്ലാം വാചകം സ്വന്തം ബ്രഹ്മസംസ്ഥ ശബ്ദം അവരുടെ വാചകമാണ് ബ്രഹ്മസംസ്ഥ ശബ്ദം ഗൃഹസ്ഥനും പരിപ്രാചകനും എല്ലാവർക്കും ഉപയോഗിക്കാം അതുകൊണ്ട് പരിപ്രാഡ് ഏകവിഷയെ സംഭവിച്ചേ കേവലം പരിപ്രാജകനില് മാത്രം അതിനെ സങ്കോചിപ്പിക്കുക അതിന് കാരണാഭാവ കാരണമില്ല എന്ന് വെച്ചാൽ അതിന് യുക്തിയൊന്നുമില്ല പ്രമാണമില്ല അതുകൊണ്ട് നിരോധം അയുക്തം അതുകൊണ്ട് എന്താണ് ബ്രഹ്മസംസ്ഥൻ പരിപ്രാചകനാണ് അവന് മാത്രമേ മോക്ഷമുള്ളൂ മറ്റുള്ളവർക്ക് അമൃതത്വമില്ല മറ്റുള്ളവർക്ക് അമൃതത്വത്തെ പ്രാപിക്കണമെങ്കിൽ ഒരു പരിപ്രാജകനാകണം ഇന്നെല്ലാം പറയുന്നത് ശരിയല്ല എന്നാണ് കുറവ് പറയുന്നത് എന്നുവെച്ചാൽ പരിവ്രാജ്യ ആശ്രമധർമ്മം മാത്രേണ് അമൃതത്വം അത് മാത്രമല്ല പരിഭ്രാട്ട് എന്ന് പറയുന്നത് ഒരു ആശ്രമയെ കുറിച്ചാണ് അവിടെയും ആശ്രമധർമ്മമുണ്ട് ആശ്രമധർമ്മത്തെ പരിപ്രാചകനും പാലിക്കുന്നു അതുകൊണ്ട് മാത്രം അമൃതത്വം ഉണ്ടാകത്തില്ല സിദ്ധാന്തി എന്താണ് പറയുന്നത് പരിഭ്രാജകന് മാത്രമേ അരി അമൃതത്വം ഉള്ളൂ ഊഷി പറയുന്നു അത് ശരിയല്ല എന്തുകൊണ്ടാണ് പരിഭ്രാജകൻ എന്ന് പറയുന്ന ഒരു ആശ്രമിയാണ് അയാളുടെ ആശ്രമത്തിൽ വന്നു അതുകൊണ്ട് അയാൾക്ക് അമൃതത്വം കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയല്ല എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കാം ജ്ഞാനത്തിന് പ്രയോജനമില്ലാതെ അമൃതത്വത്തിന് കാരണം ജ്ഞാനമാണ് അല്ലാതെ പരിഭ്രജ്യല്ല എന്നാണ് കുറോക്ഷി പാരിവ്രാജ്യധർമ്മുക്തമേവ ഞാനും അവിടുത്തെ പറയുന്നു സിദ്ധാന്തി ഇങ്ങനെ പറഞ്ഞാലോ പാരിഭ്രാജ്യധർമ്മയുക്തമേവ ഞാനും പരിവ്രാജകനുമായിരിക്കുന്നു ഞാനിയുമായിരിക്കുന്നു അത് അമൃതത്വത്തിന് സാധനമാണ് ഇവരും പരിവ്രാജകനായാ പോലെ എല്ലാം ത്യജിച്ച് സഞ്ചരിക്കുന്നവരെയൊക്കെ പരിപ്രാജകനെന്ന് പറയാം ആ ഒറ്റ കാരണം കൊണ്ടൊരാൾക്ക് മോക്ഷം കിട്ടത്തില്ല മറിച്ച് രണ്ടും വേണം തത്വജ്ഞാനവും വേണം പാരിപ്രാജ്യധർമ്മവും വേണം അതാണ് മോക്ഷത്തിന് സാധനം എന്ന് പക്ഷേ അത് പരിപ്രാജ്യ ധർമ്മയുക്തമെന്ന് പറയുന്നത് ഏത് ധർമ്മമായാലും മതി ബ്രഹ്മചര്യ ധർമ്മയുക്തമാകാം ഗൃഹസ്ഥധർമ്മയുക്തമാകാം താമസധർമ്മയുക്തമാകാം എന്തുകൊണ്ട് ഈ ധർമ്മങ്ങളെല്ലാം ആശ്രമധർമ്മങ്ങളാണ് ആശ്രമധർമ്മത്വം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം തുല്യമാണ് അതിൽ ഒരു ആശ്രമധർമ്മത്തിനും ഇവിടെ ജ്ഞാനം ചേർന്നാലേ മോക്ഷം ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയല്ല ധർമ്മ ജ്ഞാനവിശിഷ്ടോ അമൃത്വസാധനം ഇത്തേതവി സർവ ആശ്രമധർമ്മണം അവിശിഷ്ടം ധർമ്മം അല്ലെങ്കിൽ ധർമ്മവിശിഷ്ടമായ ജ്ഞാന ജ്ഞാനവിശിഷ്ടമായ ധർമ്മം അമൃതസാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ധർമ്മത്തെ പറയും അല്ലെങ്കിൽ ജ്ഞാനവിശിഷ്ടമായി നിർബന്ധിച്ചാൽ ജ്ഞാനവും ധർമ്മവും ഇതാണ് നമ്മളത്തെ സാധനം മോക്ഷസാധനം എന്ന് പറഞ്ഞാൽ അത് സർവാശ്രമങ്ങൾക്ക് തുല്യമാണ് എന്തുകൊണ്ട് സർവാശ്രമങ്ങളിലും ധർമ്മമുണ്ട് ഒരു മചരിയും ഗർഹസ്ഥ്യം തപസ് പരിപ്രജനം എല്ലായിടത്തും ഉണ്ട് ധർമ്മം ഞാനും എല്ലായിടത്തും അല്ല ഒരു സർവ ആശ്രമധർമ്മമാണ് അവശിഷ്ടം എന്നുവച്ച വചനമസ്സി പരിപ്രാചകസ്തി മോക്ഷം അന്വേഷാമില്ല അത് മാത്രമല്ല അങ്ങനെ പ്രമാണവും ഇല്ല പരിപ്രാചകൻ ബ്രഹ്മസംസ്ഥൻ അവന് മാത്രമേ മോക്ഷമുള്ളൂ അമൃതത്വം മോക്ഷം ഉള്ളൂ എന്നുള്ളതിന് പ്രമാണവും ജ്ഞാനാത്മോക്ഷ എഴുതിക്കാ സർവ്വോപനിഷത സിദ്ധാന്ത പൂർവപക്ഷി ഇപ്പോൾ സിദ്ധാന്തത്തിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഭാഷ്യകാരൻ പൂർവപക്ഷിയെക്കൊണ്ട് സിദ്ധാന്തം പറയിക്കുകയാണ് ജ്ഞാനാത്മോക്ഷം ഇതാണല്ലോ സർവ്വോപനിഷത്തിൻ്റെ സിദ്ധാന്തം അപ്പം പലപ്പോഴും ഭാഷ്യകാരൻ അങ്ങനെ ഒരു വിദ്യ പ്രയോഗിക്കും പൂർവ്വപക്ഷിയെക്കൊണ്ട് തന്നെ സിദ്ധാന്തം പറയിക്കുക എന്നാൽ ചില ഭാഗങ്ങളിൽ പൂർവക്ഷി കൊണ്ട് അഭിപ്രായ വ്യത്യാസവും പറയിക്കും ബ്രഹ്മസംസ്ഥേറ്റി അതുകൊണ്ട് പൂർവക്ഷി പറയുന്നത് ഇതിനെ മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് ആരാണോ ബ്രഹ്മസംസ്ഥനായിരിക്കുന്നത് ആശ്രമവീത കർമ്മ ആശ്രമവീത കർമ്മങ്ങളുള്ളവരിൽ ആരാണോ ബ്രഹ്മസംസ്ഥനായിരിക്കുന്നത് അവൻ അമൃതത്വം ഏതി മോക്ഷത്തെ പ്രാപിക്കുന്നു മോക്ഷം ആർക്കുമാകാം ഗ്രഹസ്ഥനുമാകാം ബ്രഹ്മചാരിക്ക് ആകാം താപസനുമാകാം ഇതാണ് പൊറോട്ട പറയുന്നത് സിദ്ധാന്തി പറയുന്നു നാ അത് ശരിയല്ല കർമ്മനിമിത്ത വിദ്യ പ്രത്യയോ വിരോധ കർമ്മത്തിന് നിമിത്തമായിരിക്കുന്ന ജ്ഞാനവും ഇവിടെ പറയുന്ന ആത്മജ്ഞാനവും തമ്മിൽ പരസ്പര വിരോധമുണ്ട് എന്നുവെച്ചാൽ രണ്ടും വ്യത്യസ്തമാണ് രണ്ടല്ല എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ താപസ്ഥൻ അവരിലായിരിക്കുന്ന കർമ്മനിമിത്തമായ ജ്ഞാനമാണ് അത് പരമാർത്ഥ ജ്ഞാനവുമായി ചേരുന്നതല്ല രണ്ടു രണ്ടാണ് ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഗുരുപുരത്തിൽ വന്ന് ഉപ്പനയനം ചെയ്ത് വേദമഭ്യസിച്ച് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് ബ്രഹ്മയായി അവിടെ എന്താണ് കർത്തൃത്വം ഭോക്തൃത്വം അത് ചിന്തകൾ അവിടെയുണ്ട് പിന്നെ ഗൃഹസ്ഥൻ ഭാര്യാസമേതനായി കർമ്മം ചെയ്യുന്ന അവിടെയുണ്ട് അത് തപസ്സി താപസൻ ഫലങ്ങളെ ഉദ്ദേശിച്ചാണ് കർമ്മം ചെയ്യുന്നത് തപസ് ചെയ്യുന്നു പൗടിയുണ്ട് കർത്തൃത്വഭോക്തൃത്വവാദി അതാണ് കർമ്മനിമിത്ത വിദ്യ എന്ന് പറഞ്ഞ ജ്ഞാനം പരിപ്രാജകനാണെങ്കിലോ അങ്ങനെ കർത്തൃത്വഭോക്തൃത്വാദി നിമിത്തമായ ഒരു പ്രവൃത്തിയില്ല വേദാധ്യയനമോ തപസ്സോ യാതാദി കർമ്മങ്ങളോ ഒന്നുമില്ല ആത്മനിഷ്ഠ ആത്മജ്ഞാനം മാത്രം അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് അവിടെ ആത്മാവകർത്താവാണ് അഭോക്താവാണെന്നുള്ള ജ്ഞാനം മാത്രം ഇവിടെ കർത്താവ് ഭോക്താവാണെന്നുള്ള ജ്ഞാനം അപ്പൊ കർത്താവ് ഭോക്താവാണെന്നുള്ള ജ്ഞാനം ഉള്ളിടത്തോളം കാലം ഈ ഏതെങ്കിലും ആശ്രമത്തിൽ നിൽക്കും ബ്രഹ്മചാരി ഗൃഹസ്ഥൻ തപസ്സി അങ്ങനെ എന്തുകൊണ്ട് ആശ്രമധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് മറിച്ച് ആത്മജ്ഞാനിയാണെങ്കിലോ അവിടെ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കാനില്ല ഈ ആശ്രമങ്ങളിൽ ഒന്നിനു സ്ഥിതി ചെയ്യുന്നില്ല അയാൾ പരിപ്രാജകനായിരിക്കുന്നു അതിന് രണ്ടൊന്നുമല്ല വ്യത്യാസം അതുകൊണ്ടാണ് ബ്രഹ്മചാരിക്ക് മോക്ഷം കിട്ടില്ലെന്ന് പറയുന്നത് അത് കേട്ടിട്ടാരും നിരാശപ്പെടരുത് ബ്രഹ്മചാരിക്ക് മോഷം കിട്ടൂല്ലെങ്കിൽ എന്നാ പിന്നെ സന്യാസിയാകാം എന്ന സന്യാസിക്കും മോക്ഷം കിട്ടത്തില്ല സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ കേവലം ആശ്രമധർമ്മത്തെ അനുഷ്ഠിക്കുന്ന സന്യാസിയാണ് ജ്ഞാനമില്ലെങ്കിൽ മോക്ഷമില്ല ഇന്നത്തെ സന്യാസിമാർ എല്ലാവരും അങ്ങനെയാണ് ആശ്രമധർമ്മത്തെ അനുഷ്ഠിക്കുന്നു ചെയ്യുന്നു സന്യാസ ആശ്രമത്തിൽ എന്തൊക്കെയാണ് ധർമ്മങ്ങളോ അത് പാലിക്കുന്നു അത് പാലിക്കുമ്പോൾ അവർക്കും മോക്ഷമുണ്ട് എന്തുകൊണ്ടും ആശ്രമധർമ്മം കൊണ്ട് മാത്രം മോക്ഷ സാധ്യമല്ല അതിന് ജ്ഞാനം വേണം ആ ജ്ഞാനമുണ്ടെങ്കിൽ ഇന്നത്തെ സന്യാസിമാർക്ക് മോക്ഷമുണ്ട് ഇല്ലെങ്കിൽ ഇന്നത്തെ സന്യാസിക്ക് മോക്ഷമുണ്ട് സന്യാസം സ്വീകരിച്ചിരിക്കുന്നവര് എന്താണ് ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുകയാണ് അത് ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും സ്വീകരിച്ചിരിക്കുന്നതുപോലെ ഒരാശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളൂ നമ്മുടെ ഭാഷകാലം പറയുന്ന ആശ്രമധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് ആരും മോക്ഷമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനുമെല്ലാം മോശം കിട്ടിയാണ് തത്വജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് മാത്രമേ മോശമുണ്ടാകൂ അത് പരിപ്രചരാജക ധർമ്മത്തെ സ്വീകരിക്കുന്നതാണ് ആ പരിപ്രരാജക ധർമ്മവും ഇന്നത്തെ സന്യാസമല്ല അതല്ല അധനല്ലെങ്കിലും അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ സന്യാസം ഇത്രയും പ്രചാരം കൊടുത്തത് ശങ്കരാജായിരുന്നു മുൻപേ ഉണ്ടായിരുന്നു ബുദ്ധന്റെ കാലത്തുണ്ടായിരുന്നു അതിനു മുമ്പ് ഇവിടെ സന്യാസത്തെ കുറിച്ച് മനസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു പരിഷ്കൃത സന്യാസമാണ് സങ്കരാചാര്യർ പറഞ്ഞ സന്യാസമുണ്ട് ജൈനന്മാരുടെ കാലത്തുണ്ടായിരുന്നു അവിടെയൊക്കെ തപസ്സായിരുന്നു നമ്മുടെ സന്യാസികളല്ല തപസ്സികളായിരുന്നു ആ തപസ്സെല്ലാം കണ്ട് ഇതൊന്നും ശരിയായ സന്യാസമല്ല എന്ന് പറഞ്ഞു ശരിയായ സന്യാസത്തെ അവതരിപ്പിച്ചതാണ് ശങ്കരാചാര്യർ അതുവരെ ഉണ്ടായിരുന്ന സന്യാസം പൂർണമായിരുന്നു അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ശേഷമാണ് സന്യാസിമാർ കൂടുതലും ഉണ്ടായിരുന്നത് ആ ശങ്കര പരമ്പരയിൽ തന്നെ മറ്റു പരമ്പരകളിലും ഉണ്ടാകും വിവിധ പരമ്പരകളിലും ആ സന്യാസമുണ്ടായെങ്കിലും അവരും ഈ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച സന്യാസത്തെ അല്പം മാറ്റങ്ങൾ വരുത്തി സ്വീകരിച്ചു തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ പരിഷ്കൃതമായ സന്യാസം അത് എന്നെ തുടക്കം കുറിച്ച ശങ്കരാചാര്യരാണ് പക്ഷെ ഇന്ന് വന്നു വന്ന് സന്യാസിമാർ പോലും സന്യാസത്തെ കുറിച്ച് ശങ്കരാചാര്യരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അതാണ് ഞാൻ തമാശയെന്ന് പറഞ്ഞു ശങ്കരാചാര്യ സന്യാസത്തെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു അതിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് സന്യാസം അതല്ല ആശ്രമധർമ്മം എന്താണ് പരിഭ്രജനം എന്താണ് ജ്ഞാനം എന്താണ് സന്യാസിക്കെങ്ങനെയാണ് മോക്ഷം ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാ പരമ്പരയെ അഭിമാനിക്കുന്നവർ പോലും അത് മനസ്സിലാക്കാറില്ല പക്ഷെ മറ്റൊന്നുണ്ട് സന്യാസിമാരാകുന്നവർക്കെല്ലാം ഇത് മനസ്സിലാക്കുന്നതിനുള്ള മാനസികമായ അവസ്ഥ ഉണ്ടാവണമെന്നില്ല ബുദ്ധിയുടെ നിലവാരമോ മനസ്സിൻ്റെ ഏകാഗ്രതയോ ഒക്കെ ഉണ്ടാവണമെന്നില്ല സന്യാസം പല കാരണങ്ങൾ കൊണ്ടും പല നിമിത്തങ്ങളൊന്നും ഉണ്ടാവണം സന്യാസമെന്ന് പറയുന്നത് ഒരു ഒരാശ്രയം അങ്ങനെ സന്യാസ സ്വീകരിക്കും കേവലൊരാശ്രയമായിട്ട് മിക്കവാറും പേർക്ക് സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഉപായമായിട്ട് അല്ലെങ്കിൽ പലരും ഇവർ അബദ്ധത്തിൽ പെട്ടുപോകുന്നതായിട്ട് അറിയാതെ ചെന്ന് ചാടിപ്പോയിട്ട് അങ്ങനെയും വരാം അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നതായിട്ട് അങ്ങനെ വരാം പലരും ഇതിലറിയാതെ വന്ന് ചാടിയിട്ട് പിന്നീടറിയുന്നു ചിലർ ജിജ്ഞാസ കൊണ്ട് ഇതിലേക്ക് വന്നിട്ട് പിന്നീടറിയുന്നു പലർക്കും ഇതറിയേണ്ട കാര്യമേ ഇല്ല സന്യാസിമാരായി ജീവിച്ചാൽ മാത്രം മതി അങ്ങനെയുണ്ട് ഇവിടെ ഭാഷകാരൻ അങ്ങനെ വ്യക്തമായും പറയുന്നതാണ് സന്യാസം അത് ബുദ്ധൻ പറഞ്ഞ സന്യാസമോ സ്മൃതികളിൽ പറഞ്ഞിരുന്ന സന്യാസമോ ഒന്നുമല്ല അതിനെയൊക്കെ പരിഷ്കരിച്ചതാണ് അത് മനസ്സിലാക്കാൻ ഇന്നത്തെ സന്യാസിമാരും തയ്യാറാകുന്നു സന്യാസം എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്തെങ്കിലും വ്രതം സ്വീകരിക്കുക അതു തന്നെ ശ്രേഷ്ഠം എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം പേര് ജീവിതത്തിൽ ചില നിഷ്ഠകളൊക്കെ ഉണ്ടായിരിക്കുക ചില വ്രതങ്ങളെല്ലാം പാലിക്കുക അത് നല്ലത് തന്നെയാണ് അത് വേണ്ടതുമാണ് പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസം അതല്ല അതാണ് മനസ്സിലാക്കേണ്ടത് മറ്റതെന്താണ് സന്യാസാശ്രമം ആ സന്യാസാശ്രമത്തിൽ വൃത്തം നിഷ്ഠകളൊക്കെ ആവശ്യമാണ് അത് സന്യാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ അങ്ങനെ പറയുന്നത് ശരിയായ സന്യാസം അതിവിടെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് നമ്മളൊരു ധർമ്മത്തെ സ്വീകരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അതിൽ ദിഗ്വേത്വമൊന്നുമില്ല മഹത്വമില്ല അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മചാരി ഗൃഹസ്ഥൻ സന്യാസി മൂന്ന് പേരുടെ യാതൊരു വ്യത്യാസമില്ല മൂന്ന് പേരുടെയും ദിവ്യത്വവും മഹത്വവും ഒക്കെ ഒരുപോലെ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് മൂന്ന് പേരും ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു മൂന്ന് പേര് സ്ഥിതി ചെയ്യുന്നത് അവരുടെ വാസനയ്ക്കനുസരിച്ച് അവരുടെ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കും ആ ധർമ്മമനുഷ്ഠിക്കുമ്പോൾ ഈ മൂന്ന് പേരിൽ തമ്മിൽ ഒരു വ്യത്യാസം ഒരാൾ മറ്റൊരാളെ ശ്രേഷ്ഠനോ ഒരാൾ മറ്റൊരാളെക്കാളും പൂജ്യനോ ഒന്നും ആകുന്നില്ല ധർമ്മ സ്വീകരിച്ചിരുന്നുകൊണ്ട് മാത്രം എന്തുകൊണ്ട് മൂന്നും ധർമ്മമാണ് പിന്നെങ്ങനെ വ്യത്യാസം വരും ഒരാളിങ്ങനെ ശ്രേഷ്ഠനാകും വ്യത്യാസം ഭാഷകാരും പറയുന്നുണ്ട് അത് ധർമ്മ സ്വീകരണത്തിലൂടെ അല്ല ഇവിടെ പറയുന്നത് എന്താണ് മൂന്ന് കൂട്ടർക്കും ധർമ്മത്തെ സ്വീകരിച്ചാൽ പുണ്യലോകമാണ് ഫലം മൂന്ന് കൂട്ടർക്കും ഫലമൊന്നാണെങ്കിലും ഒരാളും മറ്റൊരാളെ കാണുന്നതിന് ശേഷമാകും ഇന്ന് നമ്മൾ പറയുന്നു അയാളൊരു ശരിയായ സന്യാസിയാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അയാൾ സന്യാസധർമ്മത്തെ അനുഷ്ഠിക്കും ശരിയായ ഗൃഹസ്ഥനെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ധർമ്മത്തെ അനുഷ്ഠിക്കും ശരിയായ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ശരി ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു ഇനി ഒരാൾ മറ്റൊരാൾ കാണും വലുതാകുന്നില്ല ഒരു വ്യത്യാസമില്ല മാറ്റും അല്ലാതെ ഒരു പ്രത്യേകത ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്നുപോലെ ആയിരിക്കും എന്തുകൊണ്ട് പറയുന്നു കർത്താതി കാരകക്രിയാഫലഭേദ പ്രത്യേകബന്ധം ഞാൻ കർത്താവാണ് ഇന്നത് കാരകമാണ് ഇന്നത് ക്രിയയാണ് അതായത് ഫലമാണ് ഈ ഭേദ ഞാനുള്ളവൻ നിമിത്തം ഉപാധായ നിമിത്തത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതം കുരു ഇതം മാ കാർഷീരുതി കർമ്മവിധേയ പ്രവൃത്ത ഈ നിമിത്തങ്ങളെല്ലാം ആശ്രയിച്ചു കർമ്മവിധികൾ പ്രവർത്തിക്കുന്നത് ഇത് ചെയ്യൂ ഇത് ചെയ്യരുത് അങ്ങനെ പറയുന്നു ജ്യോതിഷ്ഠോമം ചെയ്യണം അഭിയാരക്രിയണം മറ്റും അങ്ങനെ കർമ്മവിധികൾ പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ് പക്ഷെ നിമിത്തം എന്ന ശാസ്ത്രകൃതം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ കർമ്മത്തിനുള്ള നിമിത്തം ഒരിക്കലും ശാസ്ത്രകൃതമല്ല സഹജമാണ് സഹജമായിരിക്കുന്നത് രാഗദ്വേഷാദി അപ്പൊ ഏത് ധർമ്മത്തെ സ്വീകരിക്കുന്നതും കർത്തൃത്വഭോക്തൃത്വാദി ചിന്തയും രാഗദ്വേഷാദികളും കൊണ്ടാണ് അല്ലേ ഒരാള് ഗാർഹസ്യത്തെ സ്വീകരിക്കുന്നു എന്തുകൊണ്ട് ഗാർഹസ്യത്തോട് രാഗമുള്ളതുകൊണ്ട് വേറൊരാള് സന്യാസി സ്വീകരിക്കുന്നു എന്തുകൊണ്ട് അതിനോട് ദ്വേഷമുള്ളതുകൊണ്ട് രണ്ട് ധർമ്മത്തിനും പ്രേരകമായിരിക്കുന്നതെന്നാണ് ഈ നിമിത്തങ്ങളോ സഹജമായ നിമിത്തങ്ങളാണ് ശാസ്ത്രകൃതമല്ല രാഗദ്വേഷങ്ങളിൽ പ്രേരിതമായാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത് ബ്രഹ്മചാരി ബ്രഹ്മചര്യത്തെ സ്വീകരിക്കുന്നത് ഗൃഹസ്ഥ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നു സന്യാസി സന്യാസത്തെ സ്വീകരിക്കുന്നതെല്ലാം എന്താണ് ചില നിമിത്തങ്ങളെ അപേക്ഷിച്ചിട്ടാണ് ആ നിമിത്തങ്ങൾ ശാസ്ത്രകൃതമല്ല മറിച്ച് സഹജമാണ് രാഗം കൊണ്ടുള്ളതാണ് രാഗദ്വേഷങ്ങളാണ് അതിന് കാരണം അപ്പം രാഗദ്വേഷങ്ങളാൽ പ്രേരിതമായി ഒരാളൊരാശ്രമധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളിൽ എന്താ പ്രത്യേകിച്ച് മഹത്വം സന്യാസി സ്വീകരിച്ചാലും ഗൃഹസ്ഥത്തെ സ്വീകരിച്ചാലും ഇതിലൊക്കെ ഏറ്റക്കുറിച്ചിലെങ്ങനെയാണ് വരുന്നു അപ്പം സന്യാസിക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ എന്താണോ ഞാൻ പൂജ്യനാണ് എല്ലാവരും എന്നെ ബഹുമാനിച്ചു അല്ലെങ്കിൽ ബ്രഹ്മചാരിക്ക് അല്ലെങ്കിൽ ഗൃഹസ്ഥനാണ് ഞാൻ ശ്രേഷ്ഠനാണ് എന്നെ വണങ്ങണമെന്ന് പറയാൻ എന്താ കാര്യം ഇവർക്കാർക്കും ഇങ്ങനെ യാതൊരു പ്രത്യേക അവകാശങ്ങളും കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് എല്ലാം സഹജമായിട്ട് സഹജമായിട്ട് സംഭവിക്കുന്ന രാഗദ്വേഷങ്ങളാണ് സ്വാമിയുടെ അത് ചോദിക്കും സ്വാമി എന്തുകൊണ്ടാ സ്വാമിയായാലും എന്ന് ചോദിച്ചാൽ സ്വാമി ആദ്യമൊന്നു പറഞ്ഞു രണ്ടാമതും പൂർവാശ്രമത്തെ സംബന്ധിച്ചൊന്ന് സന്യാസിമാരടുത്ത് അസംബന്ധ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എന്ന് പറഞ്ഞു തടി തക്കോ എന്തുകൊണ്ടാ സ്വാമിക്ക് സ്വയം അറിയത്തില്ല താൻ സ്വാമിയായത് രാഗദ്വേഷങ്ങൾ കൊണ്ടാണ് സഹജമായ നിമിത്തങ്ങൾ കൊണ്ടാണ് എന്നാ ശാസ്ത്രകൃതം ആരെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ടാണ് സ്വാമിയാവും ശാസ്ത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ടല്ല സ്വന്തം രാഗദ്വേഷങ്ങളെ പഴയ അവിടെ വ്യക്തമായി പറയുന്നു എന്തുകൊണ്ട് സർവപ്രാണിഷ ദർശന ഈ നിമിത്തങ്ങളെല്ലാ പ്രാണികളിലും ഉള്ളു എന്നുവെച്ചാൽ മനുഷ്യരിൽ മാത്രമല്ല എല്ലാ മൃഗങ്ങളിലും ഉണ്ട് ഇതൊക്കെ അവരാരും സ്വാമിമാരാകുന്നില്ലെന്നേ ഉള്ളു പറയുന്നത് സർവപ്രാണികളിലും ഇതിന്റെ നിമിത്തം ഇരിപ്പുണ്ട് ചിലരിതാകുന്നില്ല ചിലരാവുന്നു ആകുന്നതിലൊക്കെ എന്താ മഹത്വം എന്താ അതിലും മഹത്വമൊന്നുമില്ല എന്ന സർവപ്രാണികളിലും ഈ നിമിത്തങ്ങളുണ്ട് ദർശന അതിനെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യൻ ധർമ്മത്തെ സ്വീകരിക്കുന്നത് രാഗമോദ് മറിച്ച് ണെങ്കിലോ ബ്രഹ്മവേദം ഇ ശാസ്ത്രജന്യപ്രയോ വിദ്യാരൂപസ്വാഭാവിധി നിമിത്തം അനുപമൃദ്യ സത് എകമേവാ ആത്മീയവേദം സർവം ബ്രഹ്മീവേദം സർവം ഇത് ശാസ്ത്രജന്യം ഇതാണ് ശാസ്ത്രജന്യമായ ഞാൻ ആത്മബോധത്തെക്കുറിച്ച് പറയുന്നു പരമാത്മബോധത്തെക്കുറിച്ച് പറയുന്നു അത് ശാസ്ത്രജന്യമാണ് വിദ്യാരൂപ അത് വിദ്യാരൂപമാണ് അത് സ്വാഭാവികമായ കർമ്മനിമിത്തങ്ങളെ നശിപ്പിച്ചുകൊണ്ടുണ്ടാകുന്നതെന്നാണ് അടുത്ത് പറയുന്നത് അത് സ്വാഭാവികം ക്രിയാകാരകഫലഭേദപ്രതിയും സ്വാഭാവികമായ ക്രിയാകാരകഫലഭേദജ്ഞാനത്തെ എന്താണ് കർമ്മവിധി നിമിത്തം കർമ്മവിധിക്ക് നിമിത്തമായിരിക്കുന്ന അതിന് അനുപമൃദ്ധി ഇല്ലാതാക്കാതെ നജായതേ വിദ്യ ഉണ്ടാകുന്നില്ല ആ വിദ്യയെ നശിപ്പിക്കാതെ വിദ്യയ്ക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല ഇരുട്ടിനെ ഇല്ലാതാക്കാതെ വെളിച്ചത്തിന് പ്രകാശിക്കാൻ പറ്റില്ല വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ അവിടെ ഇരുട്ടില്ലാതാകണം എന്നു വെച്ചാൽ രണ്ടും ഒരുമിച്ച് സംഭവിക്കണമെന്നുണ്ട് അതുകൊണ്ട് ധർമ്മത്തിന് നിമിത്തമായിരിക്കുന്ന രാഗദ്വേഷാദികളെ നശിപ്പിക്കാതെ ഈ ജ്ഞാനം ഉണ്ടായി നിലനിൽക്കത്തില്ല അപ്പൊ ഈ ജ്ഞാനത്തിൽ ഇന്നിവിടെ ആശ്രമധർമ്മങ്ങൾ ഇല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ആള് അജ്ഞനാണ് അതിനെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല എന്താണ് കേവലം തന്റെ ധർമ്മത്തിലുള്ള അഭിമാനം മാത്രം അതുകൊണ്ട് സ്വയം ദിവ്യനാണ് പൂജ്യനാണ് ശ്രേഷ്ഠനാണ് സ്വയം കരുതുന്നു അതിനർത്ഥമില്ല അതാണ് പറയുന്നതിൻ്റെ താല്പര്യം മറിച്ച് മുഖ്യമെന്താണ് തത്വജ്ഞാനം ആണെന്ന് ആ തത്വജ്ഞാനത്തിൽ ശാസ്ത്രവിഹിതമായ ഒരു ധർമ്മത്തിനും നിലനിൽപ്പില്ല രാഗദ്വേഷാദികളെ എന്തുകൊണ്ട് രാഗദ്വേഷാദികളെ പിൻപറ്റിയാണ് ശാസ്ത്രം ധർമ്മത്തെ വിധിച്ചിരിക്കുന്നത് സന്യാസമായ അപ്പൊ ആ രാഗദ്വേഷാദികളില്ലെങ്കിൽ പിന്നെങ്ങനെ ധർമ്മത്തെ സ്വീകരിക്കാൻ പറ്റും അതങ്ങനെ ഇല്ലാതാകുന്നു തത്വജ്ഞാനം കൊണ്ട് അതില്ലാതായി ഇപ്പം പരിപ്രാജികളെ സംബന്ധിച്ച് രാഗദ്വേഷങ്ങൾ നിമിത്തമായിട്ടുള്ള ശാസ്ത്രവിഹിതമായ ഒരു ധർമ്മവും അവിടെയില്ല ആ പരിപ്രാജികളിലിരിക്കുന്ന ആ ജ്ഞാനം അത് ശാസ്ത്ര നിർമ്മാണമാണ് ശാസ്ത്രപ്രമാണ് ജന്യമാണ് ഭേദഭേദപ്രതിയോർ വിരോധ ഒന്ന് ഭേദപ്രതിയും ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് നിമിത്തമായിരിക്കുന്നു ഭേദജ്ഞ മറ്റൊന്ന് അഭേദപ്രതി പറഞ്ഞു സർവം ബ്രഹ്മേവേദം ബ്രഹ്മേവേദം സർവം ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതെങ്ങനെ ഒരുമിച്ചിരിക്കും അതിന് ഭേദപ്രത്യവും ഉള്ളപ്പോൾ മാത്രമേ ധർമ്മൂ ധർമ്മത്തെ സ്വീകരിക്കാൻ പറ്റൂ ഇത് അതിന്റെ പരമാർത്ഥമായ നിലയെക്കുറിച്ച് പറയും നഹി തൈമ്പരിക ദ്ധിചന്ദ്രാതിഭേദപ്രത്യം അനുപമൃദ്യ തിര അപഗമേ ചന്ദ്ര ദ്വേകത്വപ്രത്യ ഉപജായതേ തിമിരം ഉണ്ടായിരുന്നപ്പോൾ ദ്വിചന്ദ്രജ്ഞാനം ഉണ്ടായിരുന്നു അതാണ് തൈമേരിക ദ്വിചന്ദ്രാതിഭേദപ്രത്യം പക്ഷേ തിമിരത്തെ മാറ്റിയപ്പോൾ ആ ദ്വിചന്ദ്രജ്ഞാനത്തെ മാറ്റിയിട്ടാണ് ഏകചന്ദ്രജ്ഞാനം വന്നത് ഏകചന്ദ്രജ്ഞാനം വരുമ്പോൾ ദ്വിചന്ദ്രജ്ഞാനം പോയി അതാണ് ഭേദപ്രത്യം അനുപമൃത്യം അതിനെ ഇല്ലാതാക്കാതെ തിമിര അപഗമിയെ തിമിരത്തെ ഇല്ലാതാക്കിയാൽ ചന്ദ്രാദി ഏകത്വപ്രത്യ ഏകത്വാനം ഉണ്ടാകത്തില്ല എപ്പോ ഏകത്വ്ഞാനം ഉണ്ടാകുന്നു അപ്പോൾ വിദ്യ വിദ്യാപ്രത്യൂർ വിരോധ വിദ്യ വിദ്യാപ്രത്യങ്ങളിൽ വിരോധമുള്ളത് ഇപ്പൊ ത്രൈവംശതി എം ഭേദപ്രത്യം ഉപാധായ കർമ്മവിധേയ പ്രവൃത്ത സമർത് സേകേവാസം വികാരം അനുദം വാക് പ്രമാണ ജനികർ നിമത്തെ സ ചുവകർമ്മ ബ്രഹ്മ സംസ്ഥ ഉച്യത്തെ സ ച പരിവ്രാടേവേ അസംഭവ ഇനി ഭാഷകാലം തന്റെ സിദ്ധാന്തത്തെ അവസാനമായി പറയുന്നു അതുകൊണ്ട് തത്രയും സതി കാര്യങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കേം ഭേദപ്രതിയും ഉപാധായ കർമ്മവിധേയ പ്രവൃത്ത ഏതൊരു ഭേദജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് കർമ്മവിധികൾ നടപ്പിലായിരിക്കുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നവരാണ് എനിക്ക് ഫലത്തെ അനുഭവിക്കണം തുടങ്ങിയതാണ് ഭേദപ്രതിസ്യ ഉപമർദ്ദിത ആ ഭേദജ്ഞാനം ആർക്കാണ് ഇല്ലാതായത് ആരിലോ ഭേദജ്ഞാനമില്ല സ ഏകമേ വാധീയം സത്യം നികാരഭേദഅ അതം ഇത്യതും ബാക്കി പ്രമാണജനിതേനാണ് ഏകത്വപ്പെടുത്തേനാണ് ആ ഏകത്വം ഞാൻ സഹജമായിട്ടങ് ഇരുന്നാൽ ഏകത്വം ഉണ്ടാവില്ല എന്തുകൊണ്ട് അത് പ്രമാണജന്യമാണ് പ്രമാണത്തിൽ നിന്നും മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഏതാണ പ്രമാണം സദേകമേവാധ്യം തസത്യം വികാരഭേദ്വാനം സത്യം വാചാരംഭണം വികാരവും നമുധേയവും അന്ന് സൂചിപ്പിക്കാനുണ്ട് സത്യം തുടങ്ങിയ പ്രമാണവാക്യങ്ങൾ അതിൽ നിന്നേ ഉണ്ടാകത്തില്ല ഏകത്വപ്രത്യം ഏകത്വജ്ഞാനം അല്ലാതെ ഏകത്വജ്ഞാനം ഉണ്ടാകുന്നതിന് വേറെ കൂടെ ഉപായങ്ങളും സഹജമായി ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടാകുന്ന ഏകത്വജ്ഞാനം ഉണ്ടാകുന്നവൻ സർവകർമ്മഭ്യൂ നിവൃത്തവും അവൻ സർവകർമ്മങ്ങളിൽ നിന്നും നിവൃത്തനാകുന്നു എന്ന് പറഞ്ഞാൽ ആശ്രമധർമ്മങ്ങളിൽ നിന്നെല്ലാം അവൻ നിവൃത്തനാകുന്നു സജ കർമ്മ കർമ്മങ്ങളിൽ നിന്നെല്ലാം നിവർത്തിച്ചവൻ ധർമ്മങ്ങളിൽ നിന്നെല്ലാം നിവർത്തിച്ചവൻ ബ്രഹ്മസംസ്ഥ അവനാണ് ബ്രഹ്മസംസ്ഥ ജ്ഞാനം കൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് നിവൃത്തിച്ചവനാണ് ബ്രഹ്മസംസ്ഥൻ സജ അവൻ പരിപ്രാടനം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മചാരിയല്ല ഗൃഹസ്ഥനല്ല താപസനല്ല അന്യസ്യ സംഭവമാണ് അന്യരിൽ അത് എന്തുകൊണ്ട് അവരെല്ലാം സഹജമായി രാഗദ്വേഷങ്ങളുണ്ട് അതിനനുസരിച്ച് അവർ കർമ്മവിധികളെ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് അവരിൽ ബ്രഹ്മസംസ്ഥനെന്ന് ആരെയും പറയാൻ കഴിയില്ല ഇവിടെ പരിപ്രാട്ട് എന്ന് പറയുന്ന ആരാണോ ആരെല്ലാണോ ഏകത്വ ജ്ഞാനം കൊണ്ട് ഭേദജ്ഞാനം നശിച്ചത് അവനാണ് പരിഭ്രാജനെന്ന് പറയുന്നത് അല്ലാതെ കേവലം ചതുർത്ഥാശ്രമി എന്നുള്ള അർത്ഥത്തിൽ നേരത്തെ ഭാഷകാരും പറഞ്ഞു ആശ്രമധർമ്മനിഷ്ഠനായവ അവനല്ല പരിപ്രാജ അവനൊരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുകയാണ് നല്ലൊരു സാധകനാണ് ഒരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നത് ആ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതിന് മറ്റ് ധർമ്മങ്ങളെല്ലാം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആധർമ്മത്തെ ഒഴിവാക്കാൻ ബ്രഹ്മചര്യവും ഗർഭസ്ഥ്യം തുടങ്ങിയ ധർമ്മങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി സന്യാസധർമ്മത്തെ സ്വീകരിക്കും ഒരു സാധന എന്നുള്ള നിലയിൽ ജ്ഞാനസാധന എന്നുള്ളതാണ് എനിക്ക് അവൻ ജിജ്ഞാസമാണ് അപ്പ സാധനയുടെ ഫലമായിട്ടാണ് അവൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നത് ആ ജ്ഞാനത്തിലാണ് ഭേദപ്രതിയെ നശിക്കുന്നത് അതാണ് നമ്മുടെ നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സന്യാസവും യഥാർത്ഥ സന്യാസം ഒന്നുമല്ല വ്യത്യാസം യഥാർത്ഥ സന്യാസം അതാണ് അവിടെയാണ് മഹത്വം മഹാത്മാ എന്തുകൊണ്ട് അവിടെ ഭേദപ്രത്യം നിശ്ചയിക്കുന്നു നമ്മൾ സ്വീകരിക്കുന്ന സന്യാസധർമ്മം അത് ഭേദപ്രത്യത്തെ ആശ്രയിച്ചിട്ടാണ് ഒരു സാധനം അത് ഗൃഹസ്ഥ ധർമ്മം പോലെയല്ല എന്നുവെച്ചാൽ പ്രത്യേകിച്ച് മഹത്വമില്ല രണ്ടിടത്തും ഭേദപ്രത്യമാണ് നിമിത്തമായിരിക്കുന്നു എന്നർത്ഥം പിന്നെന്താ വ്യത്യാസം വാസനയിൽ വരുന്ന വ്യത്യാസം അത്രേ ഉള്ളു അജ്മോഹി അന്നിവിടുത്തെ ഭേദ പ്രത്യഹ സി പശ്യത് സുണ്ണുൻ മന്വാനു ഇതം കൃത്വ ഇതം പ്രാപ്നീയാം ഇതിഹി മഞ്ഞത്തെ ഇപ്പരപ്രാചകനല്ലാത്ത അന്യോഹി ആ നിവൃത്ത ഭേദപ്പെടുത്തി അവന്റെ ഭേദജ്ഞാനൊന്നും നിശ്ചിച്ചിട്ടില്ല അന്യൻ പശ്യൻ ചുണ്ണുൻ മന്വാനോ വിജാനൻ എല്ലാം ചെയ്യുന്നു കാണുന്നു കേൾക്കുന്നു ചിന്തിക്കുന്നു ുധം പ്രാപ്തി ഇത് ചെയ്ത് ഞാൻ ഈ ഫലം നേടും എന്ന് കരുതുന്നു അങ്ങനെ കരുതുന്നവനും ഞാൻ ഇന്ന കർമ്മത്തെ ചെയ്ത് ഞാൻ ഇന്ന ഫലത്തെ നേടുമെന്ന് കരുതുന്നവനും അമൃതത്വമില്ല മോക്ഷമില്ല ആചാരംഭണം മാത്ര വികാര അനൃത അഭിസംബന്ധ अभी प्रते प्रते नचा भेद അഭിസംബന്ധി പ്രത്യവ പ്രത്യവസർത്തെ अनेन പ്രത്യേ സതി ഇതേതി പ്രമാണപ്രമേ ബുദ്ധിപത്യ തസ്യവും ക്രൂതവും ബ്രഹ്മ സംസ്ഥാനം അവന് ബ്രഹ്മനിഷ്ഠയില്ല എന്തുകൊണ്ട് വാചാരംഭ മാത്ര വികാര അല്ലത അഭിസംബന്ധി പ്രത്യേകിച്ച് അവൻ കേവലം വാക്കിന് ആലംബനം മാത്രമായിരിക്കുന്ന അനൃതമായ വികാരങ്ങൾ സത്യമായി കരുതുന്നു അനു അഭിസന്ധി പ്രത്യേകം വരുത്തുവാൻ അനൃത് സത്യമായി കരുതുന്നു വാസ്തവത്തിൽ അത് അനൃതമാണ് വാക്കിനാലംബനം മാത്രമാണ് എന്നുവെച്ചാൽ അസതി അസത്യം ഉപമർദ്ദി ഭേദപ്പെടുത്തിയേ സത്യം ഇതുമനേന കർത്തവ്യം മയേരി പ്രമാണ പ്രമേയ ബുദ്ധിരേ അസത്യം ഭേദപ്പെടുത്തി ഭേദജ്ഞാനത്തെ അവൻ ധരിച്ചിത് അസത്യമാണ് അങ്ങനെ അവനിന്നത് പോയി പരിപ്രാട്ട് സത്യം ഈ ഹിതപ്രതി സത്യം ഇതും അനേന കർത്തവ്യമായ ഇത് സത്യമാണ് ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്നുള്ള പ്രമാണ പ്രമേയ ബുദ്ധി നവതിൽ പ്രമാണ പ്രമേയ ബുദ്ധികൾ ഉണ്ടാകത്തില്ല ആകാശ് ഇവ കല മല ബുദ്ധി വിവേചിന് ആകാശത്തിൽ ഒരു പ്രതലത്തെ കാണുക ആകാശത്തിൽ അഴുക്ക് കാണുക ഇതൊന്നും വിവേകിക്ക് ്രഹ്മസൂത്രത്തിനും പരഭാഗം വന്നിട്ടുണ്ട് ഉദാഹരണം ഉപമർദ്ദിദേവി ഭേദപ്രതിവർത്തദേശി ഉപമർദ്ദന ഭേദപ്രതി ഉപമർദ്ദന പറയുന്നു ഭേദപ്രതിയെല്ലാം നശിച്ചു എന്നാലും കർമ്മത്തിൽ തുടരുന്നു എന്ന് പറഞ്ഞാലോ ഭാഷകരങ്ങീകരിക്കത്തില്ല അപ്പം ഭേദജ്ഞാനം നശിച്ചു കഴിഞ്ഞാലും കർമ്മഭ്യൂന്നാണ് വർദ്ധി കർമ്മത്തിൽ നിന്നും വർദ്ധിക്കുന്നില്ല ഭേദപ്രതിമർദ്ദന പ്രാഗുക ഭേദപ്രതിയെ നശിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കർമ്മത്തിൽ തുടരുന്നു എന്നാണെങ്കിലോ ഏകത്വപ്പുറത്തെ വിധായകം വാക്യം അപ്രമാണീകൃതം സ്യ അങ്ങനെയാണെങ്കിൽ ഏകമീവാദ്യം തത്സത്യം വികാര ഭേദവാനം തുടങ്ങിയ വാക്യങ്ങളുണ്ട് അതെന്താണ് ഏകത്വപ്പുറത്തെ വാക്യം അതെല്ലാം അപ്രമാണമായി പോവും എന്തുകൊണ്ട് ഭേദത്തെ ആശ്രയിച്ച കർമ്മം നടക്കും ഏകത്വം ബോധിച്ചതിനു ശേഷം പിന്നെ ഭേദത്തെ ആസ്വദിച്ചുള്ള കർമ്മം അങ്ങനെ നടക്കും നടക്കത്തില്ല എന്ന അഭക്ഷ്യ ഭക്ഷണാദിപ്രതിഷേധ വാക്യാനം പ്രാമാണ യുക്തമേവ യുക്തം ഏകത്വവാക്യശാദി പ്രാമാ ഭേദത്തെ നിഷേധിക്കുന്ന വാക്യങ്ങൾക്ക് പ്രാമാണ്യം എങ്ങനെ വരുന്നു അഭക്ഷ്യ ഭക്ഷണം പ്രതിഷേധം കഴിക്കാൻ പാടില്ലാത്തതിൻ്റെതാണെന്ന് പറയുന്നു ലശുനം എന്ന ഭക്ഷയെ വേദത്തിൽ നിഷേധിച്ചിരിക്കുന്നു ഉള്ളി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു അഭക്ഷ്യ ഭക്ഷണം ഭക്ഷിക്കാൻ പാടില്ലാത്തതിനൊന്ന് നിഷേധിച്ചിരിക്കുന്നു കളഞ്ചം എന്ന ഭക്ഷയെ മാംസം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് വേദത്തിൽ നിഷേധിച്ചിരിക്കുന്നു അത് പ്രമാണമാണല്ലോ അത് പ്രമാണമായി അതുകൊണ്ടാണ് ശിഷ്ടന്മാരെ സ്വീകരിച്ചിരിക്കുന്നത് ശിഷ്ടന്മാർ വേദം പറഞ്ഞ അനുസരിക്കുന്നു അതൊന്നും ഭക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് ശിഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തരം നിഷേധവാക്യങ്ങൾ പ്രമാണമാണ് അവർ വേദത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കത്തില്ല അഭക്ഷ്യ ഭക്ഷണം പ്രതിഷേധ വാക്യാനം പ്രാമാണിവർ അതുപോലെ തന്നെ യുക്തമേവ ഏകത്വവാക്യം ഭേദത്തെ നിഷേധിക്കുന്ന ഏകത്വവാക്യങ്ങളും പ്രാമാണ്യമുണ്ട് അതുകൊണ്ട് ഭേദത്തെ നിഷേധിക്കുന്ന വാക്യങ്ങളെ പ്രാമാണമായി സ്വീകരിക്കുന്നവനെ സംബന്ധിച്ച് ഭേദപ്രത്യം നിശ്ചിച്ചു പിന്നെ എങ്ങനെ ഭേദപ്രത്യങ്ങളെ ആശ്രിച്ചുള്ള കർമ്മം ചെയ്യാൻ പറ്റും കർമ്മം നടക്കില്ല എന്നാണ് ഭേദപ്രത്യകത്തെ ആശ്രയിച്ചതെന്ന് പറഞ്ഞാൽ കർത്തൃത്വഭോക്തൃത്വികളെ ആശ്രയിച്ചുള്ള കർമ്മം അത് നടക്കത്തില്ല വൈദികർമ്മങ്ങൾ സർവോപനിഷം തത്പരത്ത് സർവോപനിഷത്തുകളും ആ ഭേദപ്രത്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഏകത്വജ്ഞാനമാണ് സർവോപനിഷത്തുകളും പറയുന്നത് ആ ഭേദപ്രത്യം നശിച്ച് ഏകത്വ പ്രത്യം വന്നവൻ എങ്ങനെ അജ്ഞനെപ്പോലെ കർമ്മം ചെയ്യും ഭേദപ്രത്യത്തെ ആശ്രയിച്ചുള്ള കർമ്മങ്ങൾ എങ്ങനെ ചെയ്യും ചെയ്യത്തില്ല എന്നറിയും കർമ്മവിധി എന്നാപ്രാമാണ ഈ പ്രസംഗീതി ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർമ്മവിധികൾ പ്രമാണം അല്ലാതായി ഭേദത്തിന്റെ ഒരു ഭാഗത്ത് പ്രമാണമില്ലാന്ന് വരും ഇതിനെയൊക്കെ നിഷേധിക്കുന്നതും ഭേദം തന്നെയാണ് വിധിച്ചിരിക്കുന്നത് കർമ്മത്തിൽ ഒരു ഭാഗം പ്രമാണമാണ് മറുഭാഗം പ്രമാണമല്ലാന്ന് വന്നാലും നാം അത് ശരിയല്ല അനുപമർദ്ദിത ഭേദപ്രതിയോ പുരുഷ വിഷയം ബ്രാഹ്മണ്യ പോയുന്നു കർമ്മവിധികൾ എവിടെ വരുന്നു അനുപമർദ്ദിത ഭേദപ്രതിയോ പുരുഷ വിഷയം ഈ ഭേദജ്ഞാനം നശിക്കാത്ത വ്യക്തിയിൽ പ്രാമാണൂ അവിടെ അത് പ്രമാണമാണ് ആ വ്യക്തിക്ക് അധികാരി ഭേദമനുസരിച്ചത് ഏതുപോലെ സ്വപ്നാദിപ്രത്യപ്രബോധ എങ്ങനെയാണ് കൊണ്ടുവരുന്നതിന് മുമ്പ് സ്വപ്നജ്ഞാനം പ്രമാണമായിരിക്കുന്നത് ഉണന്നതിനു ശേഷം അല്ലല്ലോ ഉണന്നതിനു ശേഷം പ്രമാണമല്ല അതുപോലെ ഭേദപ്രത്യം നശിക്കുന്നതുവരെ കർമ്മകാന്ഡം പ്രമാണമാണ് ലോകാത്മപ്രത്യോ യമാണത്വനോ കൽപിത ലൗകികം തദ്ദേദം പ്രമാണന്തു ആത്മനിശ്ചയ ബ്രഹ്മസൂത്രത്തിൽ നാലാസൂത്രത്തിൻ്റെ അവസാന ഭാഗത്ത് ഒന്നാണ് ഇവിടെ വീണ്ടും പറയും ഏതുവരെ അജ്ഞാനമുണ്ടോ അതുവരെ അതിനെ ആശ്രയിച്ചുള്ള വിധികളും പ്രമാണമാണ് ഏതുവരെ സ്വപ്നമുണ്ടോ അതുവരെ അവിടുത്തെ ഞാനും പ്രമാണമാണ് വിവേകിനാം അകരണം കർമ്മവിധി പ്രാമണ് ഉച്ച ചെയ്തു പറയുന്നു ഭേദപ്രത്യം നശിച്ച വിവേകികൾ കർമ്മം ചെയ്യാത്തത് കൊണ്ട് കർമ്മവിധി പ്രാമായും നശിച്ചു വിദ്യുതി ആചരതി ശ്രേഷ്ഠ ഇവിടെ ശ്രേഷ്ഠന്മാരെന്നാരാണ് പറയുന്നത് ഭേദപ്പെ നശിച്ചവർ അവർ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇതര ജനങ്ങളും അത് തന്നെ ചെയ്യും അജ്ഞനും അത് ചെയ്യും നടത്തും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരാ കർമാനുഷ്ഠിക്കുന്നത് കർമാനുഷ്ഠിക്കുകയാണല്ലാതെ അവർ അപ്പോ കർമ്മവിധി മാണില്ലാത പോവും പ്രാമാണിന്ദസിക്കും എന്നാണ് വിദ്യുതാചരി ശ്രേഷ്ഠ തത്വദേവ ഈ തിരുവന ഒരാൾ തത്വജ്ഞാനിയായി ഭേദജ്ഞാനം നിശ്ചയാൽ കർമ്മത്വിച്ചു അച്ഛന്മാരെയും കർമ്മത്തെ വേശി കർമ്മവിധിക്ക് പ്രാമാണമില്ലാതെ പോകാനാണ് വിധി ചെയ്യുന്ന അത് സംഭവിക്കത്തില്ല എന്തുകൊണ്ട് കാമ്യവിധി അനുച്ഛേദ ദർശന കാമ്യുടെ ഉദം കാണുന്നില്ല ശ്രേഷ്ഠ സത്തദേവ ഇതരോ ജനാഹ എന്നുള്ള നമ്മളെങ്ങനെയാണ് വ്യഖ്യാനിച്ചത് മനസ്സിലാക്കിയത് ശ്രേഷ്ഠന്മാർ അനുഷ്ഠിക്കുന്നതിന് മറ്റുള്ളവരും പിന്തുടരുമെന്നാണ് അങ്ങനെയാണ് മനസ്സിലാക്കിയത് ശ്രേഷ്ഠന്മാർ അനുഷ്ഠിക്കുന്നവരെ മറ്റുള്ളവർ പിന്തുടരുന്നെങ്കിൽ ആ കാരണം കൊണ്ടേ ലോകം എന്നെയും മാറിപ്പോയില്ല ഒരുപാട് ശ്രേഷ്ഠന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അവിടെ അവരാരും പിന്തുടരുന്നിട്ടില്ല പിന്നെ ഭഗവാൻ പറഞ്ഞ എന്താ ശ്രേഷ്ഠന്മാരെ പിന്തുടരുന്നു എന്തോ എന്റെ താല്പര്യം മനസ്സിലാക്കിയതാ അവിടെ ഗീതയിൽ ഇവിടെ ശ്രേഷ്ഠന്മാരാരും പിന്തുടരുന്നിട്ട് കാണുന്നു മഹാത്മാവിനെ പിന്തുടരുന്ന സർവരും മഹാത്മാക്കളായാലും ണുന്നില്ലല്ലോ എന്താണ് മനസ്സിലാക്കിയത് ശ്രേഷ്ഠന്മാരെന്ന് കരുതുന്നവരെ പിന്തുടരുന്നു ഒരാൾ ശ്രേഷ്ഠനല്ലേന്ന് മറ്റൊരാൾക്ക് എങ്ങനെ അറിയാം അയാളുടെ വിശ്വാസമാണ് അയാൾ വരുന്നു ഇയാൾ ശ്രേഷ്ഠനാണ് അപ്പൊ കർമ്മത്തെ തെജിച്ച പോലെ ശ്രേഷ്ഠനാണെന്ന് കരുതുകയാണെങ്കിൽ കരുതുന്നവൻ അവനെ പിന്തുടരും കർമ്മം ചെയ്യുന്നവനാണ് ശ്രേഷ്ഠനെന്ന് കരുതുകയാണെങ്കിൽ അവനെ പിന്തുടരും ഇങ്ങനെയെല്ലാം കരുതാനുള്ള വ്യത്യസ്ത വാസനകളുള്ളവരാണ് ജീവന്മാർ അതുകൊണ്ടെന്താണ് കർമ്മവിധിക്ക് വിച്ഛേദം വരത്തില്ല പ്രകൃതി ഭൂതാനി വിഗ്രഹക്കിംഗ് കരിഷ്യതി അവനവൻ അവനവൻ്റെ പ്രകൃതിക്ക് വശമ്പതനായി പ്രവർത്തിക്കുന്നു തൻ്റെ പ്രകൃതി എന്താണ് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു തൻ്റെ പ്രകൃതി പറയുന്നുവോ കർമ്മം ചെയ്യുന്നവനാണ് ശ്രേഷ്ഠൻ അപ്പം അവൻ്റെ പറയുന്നു തൻ്റെ പ്രകൃതി പറയുന്നു അല്ല കർമ്മത്യാഗമാണ് ശ്രേഷ്ഠം ഉടനെ അതിൻ്റെ പറയുന്നത് ഒരാളൊരു ഗുരുവിൻ്റെ സമീപത്തു കൊണ്ടു എന്തുകൊണ്ടും ഗുരുശ്രേഷ്ഠം ആണെന്ന് കരുതുന്നു താൻ ശ്രേഷ്ഠമായി കരുതുന്നതിന് താൻ പിന്തുടരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാത്തിനെയും ശ്രേഷ്ഠമായി കരുതുന്ന വ്യത്യസ്ത വാസനയുള്ള ജീവന്മാരാണ് അവർ കാമ്യവിധികളെ പിന്തുടരുന്നതോടും അതിന് ഉച്ഛേദം വരത്തില്ല അതിന് പ്രാമാണ്യം വരുന്ന വിജ്ഞാനമി കാമ്യാന കർമാണിന അനുഷ്ഠീയന്ത ഇതി കാമ്യർമ്മവിധി ഉച്ചിത്യന്ദേ അനുഷ്ഠീയന്ദേവ കാമിഭ നീ കാമാത്മത ന പ്രശസ്ത കാമാത്മത്വം പ്രശസ്തമല്ലാതെ വരുന്നില്ല നിത്യവും വിജ്ഞാന ബദ്ധി ഇങ്ങനെ ജ്ഞാനമുള്ളവൽ കാമ്യാനി കർമാണിജ്ഞാനുഷ്ഠിയുടെ രീതി കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നില്ല കാമാത്മത്വം നല്ലതല്ല എന്ന് വരുന്നവൻ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്നാൽ കാമ്യകർമ്മവിദ്യ അതുകൊണ്ട് അവിടെ കാമ്യകർമ്മ വിധികളെല്ലാം അവസാനിക്കുന്നു കാമത്തെ ശ്രേഷ്ഠമായി കാണാത്തവൻ എങ്ങനെ കാമ്യ കർമ്മങ്ങൾ ചെയ്യും അവിടെ കാമ്യ കർമ്മവിധികളെല്ലാം നശിക്കുന്നു മറിച്ച് അനുഷ്ഠീയൻ ദേവ കാമ്യ പക്ഷെ കാമികൾ അതനുഷ്ഠിക്കും അപ്പം രണ്ടുകൂട്ടരും ലോകത്തുണ്ട് കർമ്മത്തെ കണ്ടത് ശ്രേഷ്ഠമാണെന്ന് കരുതി അതിൻ്റെ കർമ്മത്യാഗത്തെ ശ്രേഷ്ഠമാണെന്ന് കണ്ട് അതിൻ്റെ പുറകെ പോകുന്നവരുമുണ്ട് രണ്ടു കൂട്ടരും ഉണ്ട് തഥാ ബ്രഹ്മസംസ്ഥ അനുഷ്ഠി എന്റെ കർമാണീതി തഥാച ബ്രഹ്മസംസ്ഥി ബ്രഹ്മവിദ് അനുഷ്ഠി എന്റെ കർമാണി കർമ്മങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ന തദ്വിദ്യ ഉച്ചയന്തി അതുകൊണ്ട് ആ കർമ്മവിധികൾ നശിക്കുന്നില്ല നുഷ്ഠീയം ചെയ്യുക അബ്രഹ്മ അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് ചെറിയ ചോദിക്കില്ലേ എല്ലാവരും സന്യാസിമാരായ പിന്നെ ഈ ലോകത്തിന്റെ അവസ്ഥയുണ്ടായില്ല എന്ന് ചോദിക്കുന്നവര് അതങ്ങനെ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് കാമുള്ളവൻ സന്യാസിയാവുന്നില്ല ോകം ഒരിക്കലും എല്ലാവരും സന്യാസി നശിക്കത്തിൽ കാമുള്ളവൻ ഉണ്ടായിരിക്കും സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ കാമ്യവിധികളെന്നും ഉണ്ടായിരിക്കും കാമന ഉള്ളവൻ ഉള്ളപ്പോ അബ്രഹ്മ അനുഷ്ഠിയന്തേ അബ്രഹ്മവിത്തുകൾ അവർ ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നായിരിക്കും എന്താണ് ഈ തീ കർമ്മത്തെ പൂർണമായി ഉപേക്ഷിക്കുന്നു കാമപ്രേരിതമായ കർമ്മം അവിടെ ഇല്ല ഭേദപ്രത്യത്തെ ആശ്രയിച്ചു വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല അവിടെ ഒരു ചോദ്യം വരുന്നു പരിപ്രാജകാനം ഭിക്ഷാചരണ അധിക ഉത്പന്നയാന ഗൃഹസ്ഥാധീനം അഗ്നിഹോത്രാദി കർമ്മം അന്ന് ഇവിടെ തിരിച്ച് ചെയ്യും ഇവിടെ പൊറോഷി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ജ്ഞാനം ആർക്കും ഉണ്ടാകാം ബ്രഹ്മചാരിക്കോ ഗൃഹസ്ഥനോ താപസനോ സന്യാസിക്കോ ആർക്കും ഉണ്ടാകാം ഇന്നാണ് ഉണ്ടാകില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഗ്രഹസ്ഥന് ഞാനുണ്ടായിരിക്കട്ടെ നേരത്തെ പറയുന്ന കർമ്മഛദ്രത്തിൽ കർമ്മത്തിന്റെ ഇടവേടകളിൽ ഗൃഹസ്ഥനും ഞാനാകാം അങ്ങനെ വന്നു കഴിഞ്ഞു ഞാൻ എനിക്കെന്തുകൊണ്ട് അഗ്നിഹോത്രം ചെയ്തുകൂടാ പറയുന്നു പാടില്ല അഗ്നിഹോത്രത്തെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷ എടുക്കണം ചോദിക്കുന്നു ശരി അങ്ങനെ പരിപ്രാജകൻ സമ്മതിച്ചു ഞാനിയാണ് ഭിക്ഷെടുക്കുന്നുണ്ടല്ലോ അതൊരു കർമ്മമാണല്ലോ പരിപ്രാജകന് ഭിക്ഷെടുക്കുന്ന കർമ്മമാകാം ഗൃഹസ്ഥന് അഗ്നിഹോത്രം പാടില്ല എന്ന് പറയുന്നതിൽ എന്താ രണ്ടുപേരും ജ്ഞാനികളാണ് ഇപ്പൊ പരിപ്രാജകന് ഭിക്ഷയാകാമെങ്കിൽ ജ്ഞാനത്തിന് ശേഷം ഗൃഹസ്ഥന് ജ്ഞാനത്തിന് ശേഷം അഗ്നിഹോത്രവും ആകാം എന്താ വ്യത്യാസം പരിവ്രാചകാനം ഭിക്ഷാചരണാധിപത് പരിവ്രാജകന്മാർ ഭിക്ഷാചരണം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഉത്പന്ന ഏകത്വ പ്രത്യേകി ജ്ഞാനം വന്ന ഗൃഹസ്ഥാധീനാം ഗൃഹസ്ഥൻ ബ്രഹ്മചാരി താപസം തുടങ്ങിയവർക്കും അഗ്നിപോത്രാദി കർമ്മ അനുവർത്തി അവരും അഗ്നിപോത്രാദി കർമ്മങ്ങൾ ഒഴിവാക്കുന്നില്ല എന്നാണെങ്കിലോ എന്നാ പറയുന്നു നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ എന്താ പറയുന്നു സിദ്ധാന്തം ചോദിക്കുക പ്രാമാണ്യ ചിന്തായം പുരുഷപ്രവൃത്തെ അധിഷ്ഠാന്തത്വ ഇത് ഓർമ്മിച്ചു വെക്കേണ്ട ഒരു വാചകമാണ് അധിഷ്ഠാന്തത്വ പ്രാമാണചിന്തയിൽ പുരുഷപ്രവൃത്തിയെ ദൃഷ്ടാന്തമാക്കരുത് ശാസ്ത്ര പ്രാമാണ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ശാസ്ത്രം എന്തിനു പ്രമാണമാണ് അത് കർമാനുഷ്ഠാനത്തിനാണോ അതോ കർമ്മത്യാഗത്തിനാണോ എവിടെയാണ് കർമാനുഷ്ഠാനം എവിടെയാണ് കർമ്മത്യാഗം തത്വജ്ഞാനവും പരിപ്രജനവുമായിട്ടെന്താ ബന്ധം ഇത് ശാസ്ത്രം എങ്ങനെ ബോധിപ്പിക്കുന്നു എന്നാണ് അവിടെ നിങ്ങൾ വ്യക്തിയെ ഉദാഹരണമാക്കി കൊണ്ടുവരരുതെന്നർത്ഥം പുരുഷപ്രവൃത്തിയെ ദൃഷ്ടാന്തമാക്കാൻ പാടില്ല ഇത് ഒരു മുഖ്യമായ തത്വമാണ് ഭാഷകാരൻ പറയുന്നത് ഇവിടെ പ്രാമാണചിന്ത ഏതിനെ ആശ്രയിച്ചിട്ടാണ് വ്യക്തിയെ ആശ്രയിച്ചിട്ടല്ല വ്യക്തിയെ ആശ്രയിച്ച് പ്രാമാണിചിന്തയില്ല വ്യക്തികൾ പലതരത്തിലായിരിക്കുക അവരുടെ സംസ്കാരം പലതരത്തിലായിരിക്കും പലതരത്തിലവർ പ്രവൃത്തിക്കും വ്യക്തി പ്രമാണമല്ല മറിച്ച് പ്രമാണമായിരിക്കുന്ന എന്താണ് ശാസ്ത്രമാണ് വ്യക്തിയെ പ്രമാണമായി സ്വീകരിക്കുന്നത് ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു കാരണം പുരുഷന്റെ പ്രവൃത്തി വച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പ്രമാണത്തെ നിർണ്ണയിക്കാനൊക്കത്തില്ല സർവോപരി മുഖ്യമായിരിക്കുന്നത് ശാസ്ത്രമാണ് പുരുഷ പ്രവൃത്തി അവിടെ ദൃഷ്ടാന്തമാക്കരുത് എന്ന വാശക്കുഴപ്പം വരും എന്നാ ഇവിടെ പറഞ്ഞോ പരിപ്രാജകൻ ഭിക്ഷ അവിടെ അവിടെ പ്രവൃത്തിയുണ്ട് അപ്രവൃത്തി ഉള്ളതുകൊണ്ട് തത്വജ്ഞാനിക്ക് പ്രവൃത്തി ഒഴിവാക്കാൻ പറ്റത്തില്ല ഇതാണ് പുരുഷപ്രവൃത്തിയെ ദൃഷ്ടാന്തമാക്കിയെന്ന് പറയുന്നത് സാർ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് പറയുന്നു തലതിരിഞ്ഞുപോയി നമ്മൾ പുരുഷന്റെ പ്രവൃത്തിയല്ല പ്രമാണമായി സ്വീകരിക്കുന്നത് ശാസ്ത്രത്തിന് ശാസ്ത്രം എന്ന് പറയുന്നു പുരുഷന്റെ പ്രവൃത്തി എന്തെന്ന് പറയുന്നത് എങ്ങനെയാണോ പുരുഷന്റെ ഉള്ളാർക്കറിയാൻ പറ്റുന്നു അതറിയാൻ കഴിയത്തില്ല പുരുഷന്റെ പ്രവൃത്തിയിലൂടെ പ്രമാണ പ്രാമാണിക്കുന്ന സാധ്യമല്ല അജ്ഞനിയും ജ്ഞാനിയും ആർഗം തിരിച്ചറിയാൻ പറ്റുന്നു അതിന് അടയാളമില്ല ഇയാൾ ജ്ഞാനിയാണ് ഇയാൾ അജ്ഞനാണ് തിരിച്ച അടയാളമൊന്നും അതിന്റെ പുരുഷപ്രവൃത്തി എങ്ങനെ ദൃഷ്ടാന്തമാക്കും ഭിക്ഷാടെ സ്വീകരിച്ചിരിക്കുന്നത് ജ്ഞാനിയാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ കുറയ്ക്കുന്ന എന്റെ ജോലിയാ മനുഷ്യന്റെ ജോലിയല്ല സാധ്യമാവുമോ സാധ്യമാവത്തില്ല പരിപ്രാചകൻ ഭിക്ഷ എടുക്കുകയോ അത് ഞാനിയാണോ ഇല്ലെന്ന് ഇങ്ങനെ അറിയാം ഇന്ന് ഞാനി ആണെങ്കിൽ ആ ഭിക്ഷ അപ്പോൾ പുരുഷന്റെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് പ്രമാണത്തെ കുറിച്ച് ചിന്തിക്കരുത് പ്രമാണത്തിനനുസരിച്ച് പുരുഷനെ കണ്ടാകാം ആദ്യം പ്രമാണം രണ്ടാമത് പുരുഷൻ കാരണം പ്രമാണത്തെ തിരിച്ചറിയാം വിവേചനം ചെയ്യാം വിവേകം തിരിച്ചറിയാം പുരുഷനെ തിരിച്ചറിയാൻ പറ്റും വിവേകം തിരിച്ചറിയാൻ കഴിയില്ല എന്തുകൊണ്ട് ആത്മജ്ഞാനം അന്യസമ്മിത്യമല്ല വേറെ ആർക്കറിയാൻ കഴിയും ജ്ഞാനിയാണോ അജ്ഞാനിയാണോ പറയുന്നത് എന്താണ് സുസമ്മേദ്യം അതുകൊണ്ട് പ്രാമാണി ചിന്തയിൽ ഒരിക്കലും പുരുഷനെ പിടിച്ചുകൊണ്ടുവരരുത് എന്ന് വെച്ചാൽ വ്യക്തികളെ കൊണ്ടുവരുന്നത് തത്വജ്ഞൻ ശാസ്ത്രത്തിനും പ്രമാണത്തിനുമൊക്കെ ഉപരിയാണ് കാര്യം നിഷേധിക്കാൻ കൂടെ ചെയ്യുന്നു അത് ശരിയാണ് തത്വജ്ഞനോ ശാസ്ത്രം പ്രമാണമല്ല എന്നെല്ലാം പറയും ശാസ്ത്രത്തിന് അവൻ പ്രമാണമാണ് അതിനെയൊന്നുമല്ല കൂടെ നിഷേധിക്കുന്നു അതങ്ങനെ ആകട്ടെ പക്ഷേ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പ്രാമാണി ചിന്തയാണ് ശാസ്ത്രം എന്തിനു പ്രാമാണ എന്ന് ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൃഷ്ടാന്തമായി വ്യക്തിയെ കൊണ്ടുപോയത് ആൾ അങ്ങനെ ചെയ്തു ഇയാളിങ്ങനെ ചെയ്തു മറ്റേയാളങ്ങനെ ചെയ്തു ഇവ ഒരാളും നമുക്കറിയാം അറിവില്ലാത്തവരാണ് അതുകൊണ്ടത് ആ ദൃഷ്ടാന്തത്തിലൂടെ അതിന് ഇന്നയാൾ ഇന്നത് ചെയ്തുകൊണ്ട് ഒരാൾ പറയുകയാണ് തത്വജ്ഞാനിയാണ് ഇന്ന മനുഷ്യന് അയാൾ കർമ്മം ചെയ്തു അതുകൊണ്ട് എല്ലാ തത്വജ്ഞാനികളും കർമ്മം ചെയ്യണം വേറെ ആൾ പറയുന്നു അങ്ങനെയല്ല ി കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും തത്വജ്ഞാനികളും കർമ്മത്തെ ഉപേക്ഷിക്കുന്നു എങ്ങനെ പറയുന്നു ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് പറയും ശരിയാവില്ല ഇവിടെ പ്രാമാണചിന്ത വേദവാക്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് വ്യക്തികളെ ആശ്രയിച്ചിട്ടുണ്ട് അതനുസരിച്ച് ചിന്തിക്കുക അതനുസരിച്ച് തീരുമാനിക്കുക അതുകൊണ്ട് വേറെ ഗുണം കൂടെയുണ്ട് എന്താണ് ഇന്ന് ജ്ഞാനിന്ന് ഇന്ന് ഇന്ന് ധരിക്കുന്നവനെ നാളെ അജ്ഞാനിന്ന് ധരിക്കേണ്ടി വരും ഇന്ന് അജ്ഞാനിയും ധരിക്കുന്നവന നാളെ ജ്ഞാനിയും ധരിക്കേണ്ടി വരും മനുഷ്യന്റെ അറിവ് മാറിക്കൊണ്ടിരിക്കും വ്യക്തികളെ സംബന്ധിച്ച് അപ്പോ ഈ ദോഷങ്ങൾ ജ്ഞാനി അജ്ഞാനിയായി വരുമ്പോ ഉള്ള ദോഷം അജ്ഞാനി ജ്ഞാനിയാവുമ്പോൾ വരുന്ന ഗുണം ഈ ഗുണദോഷങ്ങളൊന്നും ശാസ്ത്രത്തെ ബാധിക്കുന്നില്ല ഒരു വ്യക്തിയെ ആശ്രയിക്കല്ല നിൽക്കുന്നത് ഇതങ്ങനെയല്ല വ്യക്തിയെ പറയുമ്പോൾ വ്യക്തിയുടെ ഗുണദോഷങ്ങളെല്ലാം ആ തത്വചിന്തയെ സിദ്ധാന്തത്തെ ബാധിക്കും ഇവിടുത്തെ അങ്ങനെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നു വ്യക്തിയെ ദൃഷ്ടാന്തമാക്കണ്ട ശാസ്ത്രത്തെ മാത്രം ചിന്തിക്കുക ചിന്തായ പുരുഷപ്രവൃത്തിയിൽ അദിഷ്ടാന്തത്വം പുരുഷപ്രവൃത്തിയെ സ്വീകരിക്കുന്നവിടെ അത് അല്ല പ്രമാണചിന്തക്കല്ല വ്യക്തിയെ സ്വീകരിക്കുന്നത് വ്യക്തിയെ സ്വീകരിക്കുന്നത് അവനുന്റെ വിശ്വാസത്തിനനുസരിച്ച് ശ്രദ്ധ ശ്രദ്ധയിലാണ് വ്യക്തിയെ സ്വീകരിക്കുന്നത് മഹാപുരുഷന്മാരെയെല്ലാം സ്വീകരിക്കുന്നതൊക്കെ അത് ജീവന്റെ ശ്രദ്ധ ശ്രദ്ധയെ മാത്രം അവലംബിക്കുന്നതാണ് പ്രാമാണ ചിന്തയെ അവലംബിക്കുന്നതല്ല ശ്രദ്ധ കൊണ്ടൊരാളെ നമുക്ക് സ്വീകരിക്കും അത് വ്യക്തിയെ മാത്രമല്ല കല്ലിനെയും മണ്ണിനെയും എല്ലാം ഈശ്വരനായി സ്വീകരിക്കും ശ്രദ്ധ ഉണ്ട് മനുഷ്യനെ സ്വീകരിക്കും മൃഗങ്ങളെപ്പോലും ദേവന്മാരായി സ്വീകരിക്കുന്നു അതൊക്കെ ശ്രദ്ധയാണ് ഇത് പ്രാമാണ ചിന്തയിൽ അതെന്താ വേണ്ടത് പ്രാമാണ ചിന്തയിൽ ആ പ്രവൃത്തി പുരുഷനെ അല്ലെങ്കിൽ പുരുഷന്റെ പ്രവൃത്തിയെ ദൃഷ്ടാന്തമാക്കരുത് അതുകൊണ്ടത് പരിപ്രാജികൾ ഭിക്ഷാരണം ചെയ്യുന്നു അത് ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഗൃഹസ്ഥനും കർമ്മമാകാം എന്ന് രണ്ടു വ്യക്തികളെ എടുത്തുകൊണ്ടും ഞങ്ങൾ ഒരു സിദ്ധാന്തത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് എന്നാണ് പറയുന്നത് അതടത്ത് വിശദീകരിക്കുക